സത്കാരിവാദി ഭ്രമത്തെ അംഗീകരിക്കുന്നില്ല അപ്പോ സത്കാരിവാദിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അനുഭവപ്പെടുന്നതെല്ലാം അസത്താണ് ഏതായാലും പിന്നെ അസത്തെന്ന് പറയുന്നത് എന്താണ് നൃശൃംഗം മനുഷ്യനെ കൊമ്പ് മനുഷ്യ കൊമ്പെന്ന് പറഞ്ഞാൽ അത് അസത്താണ് സത്തെന്ന് പറയുന്നത് എന്താണ് അർത്ഥക്രിയാകാരിത്വം പറഞ്ഞാണ് സത്തയും ഇല്ലാത്തതൊക്കെ അസത്താണ് അർത്ഥക്രിയാകാരിത്വം എന്നുവെച്ചാൽ പ്രയോജനക്ഷമത നിരശൃംഖൽ മനുഷ്യന്റെ കൊമ്പ് അതുകൊണ്ട് ഒരു അസുഖം ഉണ്ടാക്കാൻ പറ്റില്ല കളിപ്പാട്ടുണ്ടാക്കാൻ പറ്റിയില്ല അപ്പോ മനുഷ്യ കൊമ്പെന്ന് പറയുമ്പോ ഇല്ലാത്ത ഒരു സാധനമാണ് അതിന്റെ അർത്ഥക്രിയാകാരിത്വം അത് പണിതെന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റി പിന്നെ എന്താണ് അതിൽ സത്തയില്ലാതെ സത്തല്ലാതെ സത്ത സമയസംബന്ധത്തിരിക്കുന്നില്ല അസത് സ്വരൂപമല്ല അപ്പൊ അസത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഒന്ന് അത് പ്രയോജനക്ഷമമായിരിക്കരുത് സത്തായിരിക്കും ആകാശകുസുമ അസത്താണ് അതിനോ ആകാശകുസുമ തലയിൽ ചൂടാൻ പറ്റില്ല അസത്തല്ല അതിന് സത്തയില്ല അതാണ് അസത്ത് മരുമരീചിയ ഒക്കെ എന്താണ് അതൊന്നും അസത്തല്ല അനുഭവത്തിന് വിഷയമാണ് അതെല്ലാം അസത്താണ് അതാണ് സത്കാരിയായി പറയും ശരീരം അസത്താണ് ശരീരസത്താണെങ്കിൽ അധ്യാസഭാഷ്യം തുടങ്ങി ഇങ്ങനെയാണ് സത്യവും അനർത്ഥവും തമ്മിലുള്ള മിഥിനീഭാവം വരണം അപ്പൊ സത്യവും ആത്മാവ് ശരീരവും സത്താണ് അപ്പൊ സത്യവും അനർത്ഥവും തമ്മിലുള്ള മിഥുനീഭാവം വരത്തി ആ മിഥുനീഭാവം വരണമെങ്കിൽ ആത്മാവിനെയും ശരീരത്തിനെയും രണ്ടായിട്ട് സ്വീകരിക്കണം ആത്മാവ് സത്ത് ശരീരം മിഥ്യ അങ്ങനെ സ്വീകരിക്കും അനർദം എന്ന് ശ്രമിക്കുക അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാല് മിഥിനീ ഭാവം വരുത്തുള്ളൂ രണ്ടും തമ്മിലുള്ള ഏകീഭാവം വരുത്തുള്ളൂ സത്യമായ ആത്മാവും അനുളമായ ശരീരവും തമ്മിലുള്ള മിഥിനീ ഭാവം വരുമ്പോഴാണ് അഹമെന്നുള്ള ബോധം വരുന്നത് ശരീരാതികളെ അസത്തായി സ്വീകരിക്കുന്നത് അതാണ് അനൃതയോർ മിഥിനെ വൃത്തിയെന്ന് പറഞ്ഞു ഇപ്പൊ സത്കാര്യവാദി ഒന്നിനെയും അനർഥമായി മിഥ്യായി സ്വീകരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അസത്തെന്ന് പറഞ്ഞാൽ അധ്യാപകർ ബാക്കിയെല്ലാം അസത്ത് അതാണ് ഇവിടെ പറഞ്ഞത് അവർ പറയണം മരീചിരൂപേണ ശലിലം അവസ്ഥ സത്യം മരുമരീചിയുടെ ജലം എന്നാണ് ശലി അത് പ്രകാശരൂപത്തിൽ സത്തല്ല മേശയുടെ രൂപത്തിൽ സത്തല്ല എന്ന് പറയുമ്പോൾ സ്വരൂപേണത് പരമാർത്ഥ സത്യം പക്ഷേ വെള്ളം സത്യമാണ് കൊളത്തി കിടക്കുന്നവെള്ളം അതുകൊണ്ട് അവിടെ സത്യമുണ്ട് മിഥ്യയുണ്ട് കൊളത്തി കിടക്കുന്നതിനുള്ള സത്യ മരുഭൂമിയിലെ ജലം മിഥ്യ ഞാനോട് നിങ്ങളുടെ അടുത്ത് കാണിക്കുന്ന ഉദാഹരണങ്ങളിലെല്ലാം അങ്ങനെയാണ് രജുവിലെ സർപ്പം അതിമിഥ്യ വാസ്തവ സർപ്പം ഏറെയുണ്ട് ശുക്തിയിലെ രജതം മിഥ്യ വാസ്തവ രജതം കടയിലുണ്ട് അപ്പം നിങ്ങൾ മിഥ്യ എന്ന് പറയുന്നിടത്തല്ല ഒരു സത്യമുണ്ട് ഒരു മിഥ്യുണ്ട് അത് ശരിയാണ് ആത്മാവിന്റെയും ശരീരത്തിന്റെയും കാര്യം അങ്ങനെ പറയാൻ പറ്റില്ല ശരീരത്തിന് മിത്യെന്ന് പറയണമെങ്കിൽ ഈ ശരീരം വേറൊരിടത്ത് സത്യമായിരിക്കും ഏതുപോലെ മരുമരുചിയുടെ ജലം കുളത്തിൽ സത്യമായിരിക്കും പോലെ എന്ന് പറഞ്ഞാൽ ശരീരം ആത്മാവ് ആത്മാവ് സത്യം ശരീരം അനർഗം ഇതിന് അനടുത്തുദാഹരണമായിട്ട് മരുമരിചിയെ കാണിക്കാൻ പറ്റത്തില്ല ഇതാണ് സത്കാരികമായി പറയുന്നത് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മരുമരിചിയുടെ ജലം അസത്യമാണ് അനടദമാണ് മിഥ്യയാണ് അതുകൊണ്ട് ശരീരം മിഥ്യയാവും എന്ന് ചോദിക്കുമ്പോഴേ അത് വേറെ ഇത് വേറെ രജ്ജിയുടെ സർപ്പം മിഥ്യയാണ് അതുകൊണ്ട് ശരീരം മിഥ്യയാവും എന്ന് ചോദിക്കുന്നതുപോലെയാണ് ഈ ചോദ്യം അപ്പൊ പ്രപഞ്ച സത്യം എന്ന് പറയുന്നവരിലാ ഈ ചോദ്യം തന്നെ ചോദിക്കും നിങ്ങൾ പറയുന്നു പ്രജ്വല സർപ്പം മിഥ്യാണ് സമ്മതിക്കുക അതുകൊണ്ട് ശരീരം മിഥ്യയാവും എന്ന് ചോദിക്കുന്ന പോലെയാണ് ഈ ചോദ്യം ദേഹേന്ദ്രിയു സ്വരൂപേണാഭി അസന്തേന്ദ്രിയന്താണ് അത് എവിടെയാണ് നിങ്ങൾ ആത്മാവും അനാത്മാവും തമ്മിൽ അധ്യാസമുണ്ടെന്ന് പറയുന്നിടത്ത് അവിടുത്തെ ആ ദേഹേന്ദ്രിയാദികളെന്നാണ് അസത്താണ് പ്രപഞ്ചം മുഴുവൻ അസത്താണ് എന്ന് പറയാൻ പറ്റില്ല ദഹേന്ദ്രിയ അസത് എന്നാണ് നിങ്ങൾ പറയുന്നത് പറയാൻ പറ്റില്ല അത് സ്വരൂപേണ സത്താണ് നിങ്ങൾക്ക് അസത്തായ ദഹേന്ദ്രിയാദികളെ വേറെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല നീ ശരീരത്തിന് അസത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ സത്തായ ശരീരത്തെ ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയാലേ നമുക്ക് ഒന്നിനും സത്യമെന്നും മറ്റൊന്നിനും മിഥ്യെന്നും പറയാൻ പറ്റും അതാണ് നിങ്ങൾ പറയുന്നത് എന്താണോ ദേവേന്ദ്രാദികളെല്ലാം മിഥ്യാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അനുഭവ അഗോചരക്കുക നിങ്ങൾ പറയുകയാണെങ്കിൽ ഇതൊക്കെ ദേഹേന്ദ്രാദികൾ അസത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്കാരിവാദി പറയുന്നത് അനുഭവ അഗോചരത്വം ഇന്നും അനുഭവത്തിന് വിഷയമാകത്തില്ല ഏതുപോലെ ഒന്നും മനസിലാക്കുന്നില്ല കഴിഞ്ഞവണ പറഞ്ഞാണ് വീണ്ടും പറയുന്നത് പന്ധ്യാപത്ര പോലെ കാരണം അസത്വം എന്ന് പറഞ്ഞാൽ സത്കാരിവാദി പറയുന്ന അർത്ഥം ഏറെ സിദ്ധാന്തപറയുന്ന അർത്ഥം സിദ്ധാന്ത പറയുന്ന അസത്വം എന്ന് പറഞ്ഞ അർത്ഥം പറയുന്നത് മിഥ്യ അനുഭവജനീയമാണ് സത്കാരിവാദി പറയുന്നത് അസത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ധ്യാപുത്രക്രിയാകാരിത്വവും സത്തയുണ്ടാകത്തൊന്നും അങ്ങനെയാണ് രണ്ടുപേരും രണ്ട് ഒരേ ശബ്ദത്തിന് രണ്ടർത്ഥത്തിലാണ് വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ് ഈ ചർച്ചയാണത് അസത്വന്ന് പറയുന്ന ശബ്ദത്തിന് അദ്വൈതികൾ എന്താ അർത്ഥം പറയും സത്കാരിവാദി എന്താ അർത്ഥം പറയും അന്ത്യാപുത്രെ പോലെ എന്നുവെച്ചാൽ അർത്ഥക്രിയാകാരിത്വവും സത്വമില്ലാത്തത് അങ്ങനെയാണെങ്കിൽ അനുഭവ അഗോചരത്വം അത് അനുഭവത്തിന് വിഷയമാകുന്നില്ല ഏത് ദേവന്റെ അനുഭവത്തിന് വിഷയമാത്രമല്ല അന്ത്യാപുത്രനെ പോലെ കഥമാരോപിയേ പിന്നെ ഇതിന്റെ ഭ്രാന്തി എങ്ങനെയുണ്ടോ എന്നാണ് അനുഭവത്തിന്റെ വിഷയമായാലേ ഭ്രാന്തി എന്ന് പറയാൻ പറ്റും ഇത് നിജ സാമ്പ്രദായ ശരീരം എന്തുകൊണ്ട് യഥോയദ്യ അസന്തവനാ അനുഭവഗോചരഹ സിദ്ധാന്തി ചോദിക്കുകയാണ് നിങ്ങൾ പറയുന്ന പോലെ അസത്ത് അസൻ എന്നായാലും കുഴപ്പമില്ല അനുഭവഗോചരഹ എന്നാണ് അസന്ത എന്ന് പറഞ്ഞാൽ അസന്നിന്റെ ബഹു എന്നാണ് അസത്ത് അനുഭവത്തിന് വിഷയമാകില്ല എന്ന് വന്നുകഴിഞ്ഞാൽ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അവർ പറയുന്നതാണ് അസത്ത് അനുഭവത്തിന് വിജയ വിഷയമാകില്ല വന്ധ്യാപുത്രൻ അങ്ങനെയാണ് പറയണമെങ്കിൽ കഥം തെറിയെങ്ങനെയാണ് മരിച്ചാദീന അസദാം തോയതയ അനുഭവം അസത്വനുഭവത്തിന് വിഷയമാകില്ല വന്ധ്യാപുത്രനെ പോലെ എന്നാണ് പറയുന്നതെങ്കിൽ പറയുന്നു മരീച്ചാദി നാം അസദാണ് മരിച്ചാദികൾ അസത്താണ് സിദ്ധാന്തി അസത്തെന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം മാറും ഇവിടെ മരീചി എന്ന് പറഞ്ഞാൽ സിദ്ധാന്തി എന്താണ് പറയുന്നത് മരീചിയെ നിങ്ങൾക്ക് മരീച രൂപത്തിൽ സത്താക്കാം പക്ഷേ തോയ രൂപത്തിൽ അത് അസത്താണ് സിദ്ധാന്തി പറയുന്നത് മരീചെന്ന് പറയുന്നത് മരീച രൂപത്തിൽ സത്താണ് തൊയരൂപത്തിലത് അസത്തൊന്നു വെച്ചില്ല തോയരൂപത്തിലില്ല പുസ്തകം പുസ്തകരൂപത്തിൽ സത്താണ് പക്ഷെ മേശയുടെ രൂപത്തിൽ അസത്താണ് മേശ മേശയുടെ രൂപത്തിലത് സത്താണ് പുസ്തകരൂപത്തിൽ അസത്താണ് ഇത് ഏതിനെ കുറിച്ചും പറയാം ഒന്ന് സ്വരൂപത്തിൽ സത്തായിരിക്കും മറ്റു രൂപത്തിൽ അസത്തായിരിക്കും അപ്പൊ ഇവിടെ അസത്തിന് സിദ്ധാന്തി വേറെ അർത്ഥം പറയണം അവർ പറയുന്ന അർത്ഥമാണ് അപ്പോ അസത്ത് അനുഭവത്തിന് വിഷയമാകില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പറയുന്നു മരീചിയും അസത്താണോ മരീചിയും അസത്താണ് എങ്ങനെ അസത്താകുന്നു തോയതയെ അനുഭവത്തിലെത്തും പക്ഷെ അത് ജലരൂപത്തിലെ അനുഭവത്തിന് വിഷയമാകുന്നുള്ളൂ മരീചി അവിടെ സിദ്ധാന്തി എന്താ ചെയ്യുന്നത് ആദ്യം മരീചി അസത്താണെന്ന് സമർത്ഥിക്കുന്നു സൂര്യകിരണങ്ങൾ അസത്താണെന്ന് പറയുന്നു അത് സത്കാരിവാദി പറയും പോലെ അല്ല സത്കാരിവാദി സൂര്യകിരണങ്ങളെ കുറിച്ച് എന്താ പറയുന്നത് ാണ് സത്കാരിവാദിയെ കുറിച്ച് സൂര്യകിരണങ്ങളൊക്കെ എന്താണ് സത്താണ് അവർക്ക് അസത്തേതാണ് അപ്പോ സിദ്ധാന്തി പറയുന്നു സൂര്യകിരണവും അസത്താണ് അതങ്ങനെ സൂര്യകിരണം അസത്താവുന്നത് അത് പോയ രൂപത്തിൽ അസത്താണ് കിരണരൂപത്തിൽ സത്വം സത്താണ് അപ്പൊ അസത്തിന് അവർ കൊടുക്കുന്ന അർത്ഥമല്ല ഇവിടെ പറയുന്നു എന്നുവെച്ചാൽ വാക്കുകളുടെ അർത്ഥം മാറ്റി പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ ശരിയല്ല എന്ന് പറയുന്നത് താർക്കിക ശൈലിയാണ് അവരുടെ മനസ്സിൽ കാണുന്ന ഒരർത്ഥമുണ്ട് ആ അർത്ഥമല്ല ഇവിടെ എടുക്കുക വാക്കി പിടിച്ച് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് അവരസത്തെന്നൊരു വാക്കുപയോഗിച്ചിട്ട് അവര് പറഞ്ഞു മരീചി അസത്തല്ല പോയും അസത്തല്ല മരീചിയുടെ ജനമാണ് തോയ രണ്ടും അസത്ത പിന്നെ അസത്ത് അവർ അംഗീകരിക്കുന്നുണ്ട് അതേതാണോ സിദ്ധാന്തി പറയുന്നത് ഈ മരീചി തന്നെ അസത്താണ് അപ്പം പിന്നെ എന്താ അസത്തെന്ന് പറയുന്നത് തോയരൂപത്തിന്റെ അസത്താണ് മരി രൂപത്തിലെ അസത്താവുന്ന അങ്ങനെയാണെങ്കിൽ അസത്തായ ആ മരി ഈ തോയരൂപത്തിലോണ്ട് അനുഭവപ്പെടുന്ന ഒന്നാണ് അപ്പൊ അസത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു ഇതാണ് ഖണ്ഡന എന്ന് പറയുന്നത് എതിരാളി പറയുന്ന ഒരു അഭിപ്രായത്തിന് എന്താണ് വാക്കുകൾക്ക് വേറെ അർത്ഥം കല്പിച്ച് കണ്ടിക്കുന്നത് അവര് പറയുന്ന അർത്ഥം കല്പിച്ചിട്ടല്ല അസത്തിന് ഖണ്ണിക്കുന്ന ആളി തന്നെ ഒരു അർത്ഥമുണ്ടായി ഒരാർത്ഥം ഉപയോഗിച്ചിട്ടെന്ന് പറയുന്നു അസത്താണെങ്കിലും അനുഭവത്തിന് വിഷയമാകും ആരാ പറയുന്നു സിദ്ധാന്തി പറയും എന്ന് പറയുന്നത് കഥം തെറിയുന്നത് എങ്ങനെയാണ് മരിച്ചാതീനാം മരിച്ചാദികൾ അസതാ തോയരൂപത്തിൽ അസത്തായിരുന്നിട്ടും തോയതയാ അനുഭവ തോയരൂപത്തിൽ അതങ്ങനെ അനുഭവത്തിന് വിഷയമാകും എന്നുവെച്ചാ സ്വരൂപസത്വേന തോയാത്മനാഭി സന്തോഭവന്തി മരിചിയുടെ കാര്യം പറയാം സിദ്ധാന്തി പറയാം മരീജി സ്വരൂപേണ സത്താണ് മരിജി ഭഗവനായ കൊണ്ടാണ് സന്താന്ന് പറയുന്നത് മരീചികളെന്ന് പറയുന്നത് സ്വയോധസത്താണ് ഞങ്ങൾ അംഗീകരിക്കാം പക്ഷെ സ്വരൂപസത്വേന പോയാത്മനാഭിസന്ധി ജലരൂപത്തിൽ സത്താണെന്ന് പറയാൻ പറ്റും സിദ്ധാന്തി വരെയാണ് ഇപ്പോൾ ഒരു വസ്തു അസത്തെന്ന് പറയുന്നത് ഇങ്ങനെയാണ് മനസ്സിലാവും അത് സ്വരൂപേണ സത്തായിരിക്കും പരരൂപത്തിൽ അസത്തായിരിക്കും ഇപ്പോൾ മരീചുകൾ സൂര്യകിരണങ്ങളും എന്താണ് സ്വരൂപേണ സത്താണ് പരരൂപത്തിൽ അസത്താണ് അപ്പോൾ അത് പരരൂപിച്ച തോയരൂപത്തിൽ അത്തെന്ന് പറയാൻ പറ്റില്ല അസത്ത് തന്നെ സ്വീകരിക്കേണ്ടി വരും അപ്പോൾ പരരൂപത്തിൽ തോയരൂപത്തിൽ അസത്തായിരിക്കുന്ന മരീചികൾ തോയരൂപത്തിൽ അനുഭവത്തിന് വിഷയമാകുന്നത് അപ്പോൾ അസത്തനുഭവ വിഷയമാകുമെന്നാണ് സിദ്ധാന്തി പറയുന്നത് ു പറയുമ്പോൾ സത്കാര്യവാദി വീണ്ടും പറയും യുദ്ധേത അഭാവോ നമ ഭാവാദന്യ കിത് അതി അവിവാന്തരാത്മന സ്വരുപേണതു ഭാവു ഭാവാരം അഭാവോഹി കയാചിത് വ്യപേക്ഷയാ സർക്കാരി ഇതുപോലെയാണ് നിങ്ങൾ ഇനി ഇങ്ങനെ പറയുകയാണെങ്കിൽ എങ്ങനെ അഭാവോ നാമ ഭാവാദന്യഥ അഭാവോ നാമ ഭാവാദന്യഥ നാവം എന്ന് പറഞ്ഞാൽ ഭാവത്തിൽ നിന്ന് അന്യമായ ഒന്നല്ല അങ്ങനെ പറയാണ് അഭാവം എന്ന് പറയുന്നത് ഭാവത്തിൽ നിന്ന് അന്യമായ ഒന്നല്ല എന്ന് പറയും അങ്ങനെ പറയുകയാണെങ്കിൽ ഭാവാ തന്നെയൊക്കെ അഭിത്തു ഭാവയേവാ ഭാവം തന്നെയാണ് അഭാവം ഉദാഹരണം പറഞ്ഞ പുസ്തകം ഒരു ഭാവമാണ് പുസ്തകം പുസ്തകരൂപത്തിൽ ഭാവമാണ് മേശയുടെ രൂപത്തിലാണ് ഇവിടുത്തെ തർക്കം പുസ്തകം പുസ്തകരൂപത്തിൽ ഭാവം മേശയുടെ രൂപത്തിൽ അഭാവം അതാണ് പറയുന്നത് ഭാവയേവാ ഭാവാന്തരാത്മന ഭാവാന്തരം എന്ന് വെച്ചാൽ അന്യഭാവം ഇവിടെ ആദ്യത്തെ ഭാവം നമ്മളെ പുസ്തകത്തെ എടുക്കുക പുസ്തകം ഭാവാന്തരാത്മന അന്യഭാവരൂപത്തിൽ വെച്ചാൽ മേശ എടുക്കുക പുസ്തകം മേശയുടെ രൂപത്തിൽ അഭാവ അഭാവവും സ്വരൂപേണതു ഭാവ സ്വരൂപങ്ങളോണ്ട് എന്തിനും എടുക്കും പുസ്തകം സ്വരൂപേണ ഭാവവും മേശയുടെ രൂപത്തിൽ അഭാവവും അപ്പൊ അഭാവം എന്ന് പറയുന്നത് പറയണം പുസ്തകം പുസ്തകത്തിന്റെ രൂപത്തിൽ ഭാവവും മേശയുടെ രൂപത്തിൽ അഭാവമാണെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ് ഈ അഭാവം എന്ന് പറയുന്നത് മറ്റൊരു ഭാവമാണ് അഭാവം എന്ന് പറയുന്നത് മറ്റൊരു ഭാവമാണ് എങ്ങനെ എങ്ങനെയത് മറ്റൊരു ഭാവം അഭാവമാവുന്നത് ഒരു ഭാവത്തെ അപേക്ഷിച്ച് പുസ്തകത്തെ അപേക്ഷിച്ച് ഒരു ഭാവത്തെ അപേക്ഷിച്ച് മറ്റൊരു ഭാവം എന്തായിരിക്കും അഭാവം എന്ന് പറഞ്ഞപ്പോ ഭാവം തന്നെ ഒരു ഭാവത്തെയാണ് അഭാവം എന്ന് പറയുന്നത് മറ്റൊന്നിനേക്ഷിച്ച് അപ്പൊ പുസ്തകത്തെ അപേക്ഷിച്ച് മേശ അഭാവവും മേശയെ അപേക്ഷിച്ച് പുസ്തകം അഭാവവും എന്ന രണ്ടും ഭാവമാണ് ഭാവത്തിന് അത്ര അർത്ഥം എന്താണെന്ന് പറയുന്നു എദ് അഭാവ ഭാവാധന്യ അഭാവം എന്ന് പറഞ്ഞാൽ ഭാവത്തിൽ തന്യമല്ല സ്ഥിതി അവിതോ ഭാവ ഭാവം തന്നെയാണ് ഭാവാന്തരാത്മന അഭാവ മറ്റൊരു ഭാവം അതാണ് ഭാവാന്തരം മറ്റൊരു ഭാവത്തിന്റെ രൂപത്തിൽ ഒരു ഭാവം അഭാവമാകുന്നു സ്വരൂപേണത് ഭാവ സ്വയം അത് ഭാവമായിരിക്കും മറ്റൊരു രൂപത്തിൽ അഭാവമായിരിക്കും മറ്റൊരു വസ്തുവിന്റെ രൂപത്തിൽ യഥാഹു ഇത് പറഞ്ഞിട്ടുണ്ടായ കുമാരലഭട്ടൻ ശ്ലോകവാർത്തികൾ ഇങ്ങനെ ഭാവാതരം അഭാവോഹി കയാചിത്തു വ്യപേക്ഷയാപേക്ഷയാ കയാചിത്തു വ്യപേക്ഷയാപേക്ഷയാ വ്യപേക്ഷ വിശിഷ്ട ഒരു ഒന്നിനെ ആശ്രയിച്ച് ഒന്നിനെ അപേക്ഷിച്ച് ഒന്നിനെ അപേക്ഷിച്ച് എന്താണ് ഭാവാാന്തരം അഭാവോഹി അഭാവം മറ്റൊരു ഭാവമാണ് ഭാവാന്തരം എന്നിട്ട് മറ്റൊരു ഭാവം ഇപ്പം രണ്ട് ഭാവ വസ്തുക്കളുള്ളപ്പോൾ പുസ്തകവും മേശയുള്ളപ്പം ഒന്നിനെ അപേക്ഷിച്ച് കയാചത്വ ഉപേക്ഷയാ പുസ്തകത്തെ അപേക്ഷിച്ച് എന്താണ് മേസത്ത് ഭാവാന്തരം അതുതന്നെയാണ് അഭാവം ഇപ്പൊ ഭാവവും അഭാവവും ഒന്നും അല്ല അത് പറയുന്നത് എന്നാണ് അതൊരു തർക്കം പറയുന്നതാണ് ഭാവം തന്നെ അഭാവം തതച്ച ഭാവാത്മന ഉപാഖ്യേയ ഉപാഖ്യേയതയാ അസ്യുജേത അനുഭവഗോചരത ഇതെല്ലാം സത്കാരിവാദി പറയുകയാണ് പ്രപഞ്ചസ് അത്യന്ത അസതമ്യസ്ത കൂതോ അനുഭവ കൂതോ വാചിതാത്മനാപത്കാരിവാദി പറയണേ രണ്ട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നിനെ അഭാവം എന്ന് പറയാം അതിനെ അപേക്ഷിച്ച് മറ്റൊന്നിന് അഭാവം എന്ന് പറയാം രണ്ടും ഭാവവുമാണ് ഇത് കുമാരിലെ പട്ടനും പറയുന്നു ഇതംഗീകരിക്കും ഭാവാത്മന ഉപേക്ഷ ഉപാഖ്യേയതയ ഭാവരൂപത്തിൽ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെടുന്ന ഉപാഖ്യത എന്ന് പറയുന്നതാണ് ഭാവരൂപത്തിൽ അനുഭവപ്പെടുന്നതായ അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെടുന്നതായ അസ്യ എന്ന് വെച്ചാൽ ജലത്തിൽ മരുഭൂമിയിലാണ് ജലത്തെ പറയുക ഭാവരൂപത്തിലാണത് അനുഭവപ്പെടുന്നത് ഭാവരൂപത്തിലാണതിനെ നിർദ്ദേശിക്കപ്പെടുന്നത് ഏത് മരുഭൂമിയിലെ ജലം യുജീത അനുഭവഗോചരത അത് അനുഭവത്തിന് വിഷയമാകാൻ കുഴപ്പമൊന്നുമില്ല കാരണം അതിന് ഭാവം എന്ന് നിർദ്ദേശിക്കാൻ പറ്റിയ ഒന്നാണ് ഇപ്പൊ ജലം മറ്റൊന്നിനെ അപേക്ഷിച്ച് എന്താണ് ഇപ്പൊ കിരണവും ജലവും എടുക്കുക അപേക്ഷിച്ച് കിരണം ജലരൂപത്തിലില്ല ജലം കിരണരൂപത്തിലുമില്ല ഇപ്പൊ പരസ്പര അപേക്ഷയിൽ ഇതിന് ഭാവമെന്നും പുസ്തകവും മേസിയും പോലെ പിന്നെ അനുഭവപ്പെടുന്ന അത് ഭാവമായിട്ടാണ് അനുഭവപ്പെടുന്ന ഭാവമായിട്ടാണ് പക്ഷെ രണ്ട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അതിനെ നിവാസ്തവജലവും ഈ ജലത്തെടുക്കുക വാസ്തവജലം വേറെ ഉണ്ട് അതുള്ളതുകൊണ്ട് അതിനെ അപേക്ഷിച്ച് ഇതിനെ എന്ത് പറയാം ജലം കുളത്തിലെ ജലരൂപത്തിൽ ഭാവവും മരുഭൂമിയിലെ ജലരൂപത്തിൽ അഭാവവും ഇങ്ങനെ പറയാം കാരണം മരുഭൂമിയിലെ ജലം കാണുന്നുണ്ട് അപ്പോ മരുഭൂമിയിലെ ജലം സ്വയംഭാവവും കുളത്തിലെ ജല രൂപത്തിലുള്ളത് അഭാവവുമാണ് കുളത്തിലെ ജലം സ്വയംഭാവവും മരുഭൂമി ജലരൂപത്തിലെ അഭാവവും ഇതൊക്കെ പറയാം രണ്ടു ദിവസങ്ങളിലേതെങ്കിലും പറയാം ഇങ്ങനെ അതാണ് തതശ്ചാവാത്മനോപഖ്യേയതയാ ഭാവരൂപത്തിൽ അനുഭവപ്പെടുന്നതാണെന്ത് മരുഭൂമിയിലെ ജലം വിജേത അനുഭവഗോചര അതുകൊണ്ട് അത് അനുഭവത്തിന് വിഷയമാണ് ദോഷം പ്രപഞ്ച പുന അത്യന്ത അസത പക്ഷെ പ്രപഞ്ചങ്ങനെ പ്രപഞ്ചം നമുക്ക് ഒന്നായിട്ടേ അനുഭവപ്പെടുന്നുള്ളൂ ദേഹാദികളല്ല ജലമായി അനുഭവപ്പെടുന്നു എന്ന് പറയുന്ന പോലെ മറ്റേതെങ്കിലും ഒരു വസ്തു പ്രപഞ്ചമായി അനുഭവപ്പെടുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കാനൊന്നുമില്ല ഇന്ന വസ്തുവാണ് പ്രപഞ്ചമായി അനുഭവപ്പെടുന്നതെന്ന് കാണിക്കാൻ നമുക്ക് കാണാൻ ിയങ്ങളിലൂടെ ഗ്രഹിക്കാൻ പറ്റിയ ഒരു വസ്തു ഇല്ല പക്ഷെ മരുപരിചയങ്ങനെയല്ല കിരണങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നോണ്ട് കിരണങ്ങളാണ് ജലരൂപത്തിൽ അനുഭവപ്പെടുന്നതെന്ന് പറയാൻ പറ്റും പക്ഷെ പ്രപഞ്ചത്തെ കുറിച്ച് എന്താ പറയുന്നത് അനർഥം എന്നാണ് ഇന്ന വസ്തു പ്രപഞ്ചമായി അനുഭവപ്പെടുന്നൊന്നും കാണിക്കാൻ പറ്റില്ല അതാണ് പുനരത്യന്ത അസതാരിവാദി പറയുന്നതാണ് നിരസ്ത സമസ്ത സാമർഥ്യസ്യ അത്യന്ത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അതിൽ അർത്ഥക്രിയാകാര്യത്വില്ല സത്വവും ഇല്ല അർത്ഥ ക്രിയാകാര്യമില്ല അതിന് യാതൊരു പ്രയോജനക്ഷമതയും അതാണ് പറയുന്നത് നിരസ്ത സമസ്ത സാമർഥ്യസ് ഒരു സാമർഥ്യവും ഇല്ലാത്തതായത് നിസ്തത്വസ് തത്വമില്ലാത്തതുമായ ഈ പ്രപഞ്ചത്തിന് കുതോ അനുഭവ വിഷയഭാവ എങ്ങനെ അനുഭവ വിഷയമാകും അനുഭവ വിഷയത്വം അനുഭവ വിഷയഭാവം എന്ന് വെച്ചാൽ അനുഭവ വിഷയത്വം എങ്ങനെ വരും എന്നാണ് അത് അസത്വണെന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ കിരണവും ജലവും പോലെ അല്ല ജലരൂപത്തിൽ സത്യമല്ലാത്ത കിരണം ജലരൂപത്തിൽ അനുഭവപ്പെടുന്നതുപോലെ എന്താണോ ഈ പ്രപഞ്ചരൂപത്തിൽ സത്യമല്ലാത്ത ഒന്ന് പ്രപഞ്ചമായി അനുഭവപ്പെടുന്നുവെന്ന് നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കാവുന്നില്ല നിസ്തത്വ സുതുവ അനുഭവ വിഷയം ഭാഗം എങ്ങനെ ഈ പ്രപഞ്ച അനുഭവത്തിന് വിഷയമാകാതെ നിസ്തത്വമായതുകൊണ്ടും അർത്ഥക്രിയാകാര്യത്വം ഇല്ലാത്തതുകൊണ്ട് കുതുവ ചിതാന്തിന്യനുഭാതെങ്ങനെ ചിതാത്മാവിൽ ആരോപിക്കും ഒന്നും നടക്കില്ല എന്ന സത്കാരിവാദി പറയുന്നത് എന്താണോ രജുവര് സർപ്പം അധ്യസിക്കുന്നു എന്ന് പറയാം അത് ശരിയാണ് പക്ഷെ പ്രപഞ്ചം പരമാത്മാവിൽ അധ്യസിക്കുന്നു എന്ന് പറയണമെങ്കിൽ എങ്ങനെയാണോ സത്യമായ ഒരു ർപ്പം വേറെ ഉള്ളതുപോലെ സത്യമായ ഒരു പ്രപഞ്ചം ഉണ്ടായതെ ഈ മിഥ്യയായ പ്രപഞ്ചത്തെ ആരോപിക്കാൻ കഴിയത്തുള്ളൂ അങ്ങനെ ഒന്നില്ലാത്ത കൊണ്ട് എന്താണ് ഇതെങ്ങനെയാണ് ചിതാത്മാവിൽ ആരോപിക്കുന്നത് എന്ന് സാമാന്യമായി മനസ്സിലാക്കും സർക്കാരിവാദി പ്രപഞ്ചത്തെ അമിതമായി സ്വീകരിക്കുന്നില്ല ഇനി അടുത്ത് വരുന്നത് ശൂന്യവാദിയാണ് സത്കാരിവാദി മനസ്സിലാക്കിയ എളുപ്പമാണ് സത്കാരിവാദി പറയുന്നത് അസത്തെന്ന് പറയുന്നത് പഞ്ചാബത്ത് എന്നാണ് പ്രപഞ്ചവും ആത്മാവും തന്നിട്ടുള്ള അധ്യാസം സംഭവിക്കില്ല അത് സത്താണ് സത്യവും അനുദവും തമ്മിലെ എന്ത് സംഭവിക്കൂ അധ്യാസം പ്രപഞ്ചം അനൃതല്ല ഇതാണ് പറഞ്ഞൊന്നുരുക്ക സത്യവും അനുദവും തമ്മില് അധ്യാസം സംഭവിക്കൂ പ്രപഞ്ചം എന്താണോ അനുഭവ സത്യമാണ് പിന്നെ ആത്മാവ് സത്യമായ ആത്മാവും പ്രപഞ്ചവും തമ്മിൽ അങ്ങനെയാണ് അഭ്യാസം നടത്തില്ലേ ഇപ്പൊ ശൂന്യവാദി പറയാണ് നജ വിഷയസ്യ समस्त सामर्थ्यस्य विरहे മർ വിരഹേ അപ്പാനമേവ താദൃശ്യം സ്വപ്രയസാമർ ആസാതിവഭാവഭേദം അസത പ്രകാശനം അപ്പം ശൂന്യവാദി പറയുന്നത് എന്താണ് എല്ലാം അസത്താണ് എന്ന് വെച്ചാൽ ശൂന്യമാണ് പ്രസ്തവും മേശയെല്ലാം എന്താണ് ശൂന്യമാണ് മേശയെല്ലാം ശൂന്യമാണെങ്കിൽ ഇതൊക്കെ പിന്നെ അനുഭവപ്പെടുന്നത് അപറയുന്നു ഇതൊക്കെ അനുഭവപ്പെടുക എന്ന് വെച്ചാൽ എന്താണ് ജ്ഞാനം ഇതിനെയൊക്കെ ഇങ്ങനെ പ്രകാശിപ്പിക്കുകയാണ് ശൂന്യത്തെ പുസ്തകമായും മേസയായും ഞാനും ഇങ്ങനെ അനുഭവപ്പെടുത്തുകയാണ് അപ്പൊ ഞാനും ഇതിനേക്ക് ഇങ്ങനെ അനുഭവപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ അനുഭവപ്പെടുത്തുന്ന ഈ അത് ശൂന്യമാണ് വിജ്ഞാനം പറയുന്നു വിജ്ഞാനം ശൂന്യം തന്നെ വിജ്ഞാനവും ശൂന്യം തന്നെ പിന്നെ അത് ശൂന്യമാണെങ്കിൽ പിന്നെ വിജ്ഞാനത്തിനങ്ങനെങ്ങനെ പ്രകാശം പ്രകാശിപ്പിക്കാൻ പറ്റും ശൂന്യത്തിന് എന്തിനെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ പറയുന്നു വിജ്ഞാനത്തിൽ അവിദ്യാശക്തിയുണ്ട് അവിദ്യാശക്തി എന്ന് പറയുന്ന ഒരു ശക്തി എവിടെയുണ്ട് അത് ആണ് ഇതിനേക്കിങ്ങനെ അനുഭവപ്പെടുത്തിത്തരുന്നത് അപ്പൊ വിജ്ഞാനത്തിന്റെ അവിദ്യാശക്തി എവിടെ നിന്ന് തോന്നുന്നു അത് ഈ വിജ്ഞാനത്തിന് കാരണമായ മറ്റൊരു വിജ്ഞാനമുണ്ട് അതിൽ നിന്ന് വന്നു അതിന വിദ്യാസക്തി ഉണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ കാരണമായ ഒരു വിജ്ഞാനത്തിന് അധീനമാണ് ഇപ്പോഴത്തെ വിജ്ഞാനം ഏത് വിജ്ഞാനമാണോ ഇതെല്ലാം കാണുന്നത് ആ വിജ്ഞാനം എന്ന് പറയും മുമ്പുണ്ടായിരുന്ന ഒരു വിജ്ഞാനത്തിന് അധീനമായ വിജ്ഞാനം അപ്പൊ ഈ വിജ്ഞാനം എന്ത് ചെയ്യുന്നു ഇതിനെല്ലാത്തിനെയും കാണിച്ചു ആ വിജ്ഞാനത്തിന് എന്തുണ്ട് അതിനുണ്ട വിദ്യാസക്തി അപ്പൊ ഈ വിജ്ഞാനം ഇതിന് മുമ്പൊരു വിജ്ഞാനം അങ്ങനെയുണ്ട് വിജ്ഞാന പരമ്പരയാണ് നിത്യമായ ഒരു വിജ്ഞാനം ഇല്ല നിത്യമായ വിജ്ഞാനമില്ല ഇപ്പോൾ വിജ്ഞാനം ഇതിനെയൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നു എന്തുകൊണ്ട് ഇതിലവിദ്യ ശക്തി ഉണ്ട് ഇതെവിടെ നിന്ന് പൂർവ്വ വിജ്ഞാനം തീർന്നു ശൂന്യ ഇതെല്ലാം അസത്വമാണ് ഇതെല്ലാം ശൂന്യാണ് ആ അദ്വൈതയുടെ അവദ്യാസക്തിയൊക്കെ ഇവിടുന്ന് വരുന്നു ചോദിക്കുന്നു ഇത് മനസ്സിലാകുന്നില്ലല്ലോ ഒരു ജ്ഞാനം അതിൽ അവിദ്യാശക്തിയുണ്ട് ഈ അവിദ്യാശക്തി കൊണ്ട് ഈ ശൂന്യത്തേക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞു ഇതെങ്ങനെ മനസ്സിലാക്കും പറയുന്നത് ഇതിന് ദൃഷ്ടാന്തമില്ല ഇതിനൊരു ഉദാഹരണം കാണിച്ചു തരാനില്ല വേറെ ഒന്നുമില്ല ആകെ ജ്ഞാനം എന്ന് പറയുന്ന ഒരു സാധനമേ ഉള്ളൂ അതിലവിദ്യാശക്തിയുണ്ട് അത് ഇതിനെയൊക്കെ ശൂന്യത്തെ ഇങ്ങനെ കാണിച്ചു തരും ഇതെല്ലാമായി പ്രപഞ്ചമായിരിക്കുന്ന എന്താണ് ശൂന്യമാണ് അത് അവിദ്യ കൊണ്ടാണ് ഇത് ഇതിനാണ് അന്ധകൾ പറയുന്നത് അവിദ്യ കൊണ്ട് മായ ബ്രഹ്മം ജഗത്തിനെങ്ങനെ സൃഷ്ടിച്ചു കാണിക്കുന്നു എന്ന് പറയുന്നത് ഈ ശൂന്യവാദികളിൽ നിന്ന് കോപ്പി അടിച്ചാണ് അതൊക്കെ പിന്നെ വ്യത്യാസം വരുന്ന എന്താണ് അത് ഇനി പറയുന്നത് ആ വിജ്ഞാനം സ്ഥായിയാണ് നിത്യമാണ് അങ്ങനെയൊരു വ്യത്യാസം വരും വിജ്ഞാനം നിത്യമാണ് അതാണ് ബ്രഹ്മം അതിൽ മായാശക്തിയുണ്ട് സൃഷ്ടി എന്നവര് പറയും ശൂന്യവാദി പറയുന്നത് ഇതെല്ലാം ശൂന്യമാണ് വിജ്ഞാനവും ശൂന്യമാണ് പക്ഷെ വിജ്ഞാനത്തിലൊരവിദ്യാശക്തിയുണ്ട് വിജ്ഞാനം ക്ഷണിക പരമ്പരയാണ് നിത്യമായ വിജ്ഞാന പൂർവ്വവിജ്ഞാനത്തിൽ നിന്ന് ഈ വിജ്ഞാനത്തില് പൂർവ്വവിജ്ഞാനത്തിന് അധീനമാണ് ഈ വിജ്ഞാനം അത്രയുള്ളൂ കുറവ് വിജ്ഞാനം ഈ വിജ്ഞാനത്തിന് കാരണമാണ് ഈ വിജ്ഞാനം എന്തു ചെയ്യുന്നു അവദ്യാശക്തി ഉണ്ട് ഇതിനെ കാണിക്കുന്നു ഇതിനു മുമ്പ് ഒരു വിജ്ഞാനം അതിന് മുമ്പും ഉണ്ടായിരുന്നു ഇനി വിജ്ഞാനത്തിന് അടുത്തൊരു വിജ്ഞാനം ഉണ്ടാവും അപ്പോൾ വിജ്ഞാനത്തിൽ വിജ്ഞാനം ഉണ്ടാകുന്നു വിജ്ഞാനത്തിന് കാരണം വിജ്ഞാനമാണ് വിജ്ഞാനത്തിൽ അവിദ്യാശക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇതേതുപോലെ എന്ന് ചോദിച്ചാൽ ഉദാഹരണം പറയാൻ വരെ ഇല്ല അതിനാണ് അദ്വൈതിയും പറയുന്നത് എന്താണ് ബ്രഹ്മത്തിനുദാഹരണം ഇല്ല ഈ വിജ്ഞാനം തന്നെയാണ് അദ്വൈതിയൊക്കെ ബ്രഹ്മമായത് അവരും പറയുന്ന ബ്രഹ്മത്തിനുദാഹരണം പറയാൻ പറ്റില്ല അവ നിത്യമാണ് അവിടെ വിജ്ഞാനം നിത്യമല്ല അനിത്യമാണ് ക്ഷണികമാണ് എന്നിങ്ങനൊരു സാമർഥ്യമുണ്ട് ഇതിനെല്ലാം ഇങ്ങനെ ഉണ്ടായി കാണിക്കും ശൂന്യത ഇങ്ങനെയൊക്കെ കാണിക്കും അവിജ്ഞാനത്തിന്റെ സാമർഥ്യമാണ് ആ സാമർഥ്യത്തെയാണ് പറയുന്നത് അവിദ്യാശക്തി അതിനൊരുദാഹരണം പറയാൻ ഇല്ല സിദ്ധാന്തങ്ങൾ എന്തോ ഏതുപോലെയൊന്നും പറയാൻ പറ്റും അതുകൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മളീ അറിയുന്നതൊക്കെ എന്തിനാണ് ശൂന്യത്തെങ്ങനെ അറിയുന്നു പുസ്തകമായിട്ടറിയുന്നു മേശായിട്ടറിയുന്നു ഫോണായിട്ടറിയുന്നു അതെന്തുകൊണ്ട് ആ വിദ്യാഭ്യാസം അതേതുപോലെ അത് പറയാൻ പറ്റില്ല അതിന് വേറെ ഒരു ഉദാഹരണമൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹം എവിടെ പറയുന്ന അവിജ്ഞാനത്തിന് വിജ്ഞാനം നിത്യമാണ് ഇതിനെ പരിഷ്കരിച്ച് ശൂന്യവാദം ഒന്നുകൂടെ പരിഷ്കരിച്ച ശൂന്യവാദം എന്ന് പറയുന്നത് ശങ്കരാചാര്യക്ക് മുമ്പ് നിലവിലിരുന്നാണ് ഒരു മൂന്നാം നൂറ്റാണ്ടിലൊക്കെയാണ് നാഗാർജുനെ പോലെയുള്ളവരൊക്കെ ജീവിച്ചിരുന്നത് അതുപോലെ ധർമ്മ കീർത്തി അങ്ങനെയൊക്കെ പലരും അവരുടെ വ്യാഖ്യാതകളൊക്കെ വന്നു വന്ന് ശങ്കരായ കാര്യം വന്ന് കാലത്ത് വന്നപ്പോ അതിന് മുമ്പ് തന്നെ ഗൂഢബാധയുടെ കാലത്ത് തന്നെ ശൂന്യവാദത്തെ അദ്വൈതമാക്കി മാറ്റി ക്ഷണിക വിജ്ഞാനത്തെ എന്താക്കി മാറ്റി എന്നുള്ള ആശയമൊക്കെ മുമ്പേ ഉണ്ടായിരുന്നു തത്വചിന്തയിലേക്ക് വന്നപ്പോ ക്ഷണിക വിജ്ഞാനത്തെ അദ്വൈതികൾ എന്താക്കി മാറ്റി നിത്യവിജ്ഞാനമാക്കി മാറ്റി അവര് തന്നെ പറഞ്ഞ ആ വിദ്യാശക്തി കൂടെ അപ്പോ ആ ബ്രഹ്മത്തിന്റെ ശക്തിയായി മാറ്റി അവര് ശൂന്യെന്ന് പറഞ്ഞത്തെ എന്താക്കി മാറ്റി അനുവചനീയമായ പ്രപഞ്ചമാക്കി മാറ്റി അങ്ങനെ കുറെ മാറ്റങ്ങൾ വരും അങ്ങനെ എന്താ അറിവുകൾ എന്ന് പറയുന്ന മനുഷ്യന്റെ അറിവ് വികസിക്കുന്നു കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്താണ് പിന്നെ കുറെ മാറ്റങ്ങൾ വരുത്തി എല്ലാ ശൂന്യം എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞെന്താണ് എല്ലാം ബ്രഹ്മം എന്ന് പറഞ്ഞു ഇതൊക്കെ തർക്കങ്ങളിലൂടെ പരസ്പരം തോൽപ്പിച്ചും ജയിച്ചും ഒക്കെ രൂപപ്പെടുത്തി സിദ്ധാന്തങ്ങളാണ് ഈ പറയുന്ന എല്ലാ സിദ്ധാന്തങ്ങളും പഴയകാലത്ത് രാജാക്കന്മാർ പണ്ഡിതന്മാരൊക്കെ നല്ല ചാപ്പാടൊക്കെ കൊടുക്കും അവർ ചാപ്പാടൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന എന്തെയും നല്ല നെയ്യൊക്കെ കഴിച്ചിട്ട് ഇരുന്ന് ഇങ്ങനെ തറക്കിക്കും തർക്കിച്ച് തറക്കിച്ചെന്തെയും ശൂന്യവാദം ബ്രഹ്മവാദം ഒറ്റവാദം മറിച്ചവാദം ഒക്കെ അങ്ങനെയാണ് ഇവരൊക്കെ പ്രത്യക്ഷപ്പെട്ടത് മനസിലായ അല്ലാതെ ബ്രഹ്മം ഒന്നും ഈ വർക്കല തിരങ്കത്തിലൂടെ ഒന്നല്ല വിചാരിച്ച ഇതൊക്കെ ഇതൊക്കെ പഠിക്കുന്നവർക്ക് അതൊക്കെ മനസ്സിലാകത്തുള്ളു പഠിച്ചാൽ തന്നെ ബുദ്ധി വേണം മനസ്സിലാക്കണം അതൊക്കെ പല വ്യാഖ്യാനങ്ങളുണ്ടോ ഇതൊക്കെ എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാം അതിപ്പോ കിട്ടുന്ന സാപ്പാടിനനുസരിച്ചായിരിക്കും വ്യാഖ്യാനം കുറച്ചുകൂടെ നല്ല സാപ്പാട് കുറച്ചുകൂടെ നല്ല പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാക്കിത്തരാം ഇപ്പൊ കിട്ടുന്നതിനനുസരിച്ച് ഇത്രയുള്ളൂ ഇതൊക്കെ തന്നെ പണ്ടും നടന്നു